പഞ്ചമസ്കന്ധത്തില് അവസാനത്തെ അധ്യായത്തില് അനേകവിധ നരകങ്ങളെ കുറിച്ച് വർണ്ണിച്ചു ഇന്നെ പാപം ചെയ്യുന്നവർ ഇന്ന നരകത്തിൽ പോകും ഇത്ര വിധം നരകങ്ങളുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറയാം സംഭവം പരീക്ഷിത് മഹാരാജാവ് ശേഷുക ബ്രഹ്മ മഹർഷിയോട് ചോദിച്ചു ഈ നരകങ്ങളെ കുറിച്ചൊക്കെ വർണ്ണിച്ചുവല്ലോ ഈ നരകങ്ങളിലൊക്കെ പോവാതെ രക്ഷപ്പെടാനുള്ള വഴി എന്താ മനുഷ്യന് വിഷ്ണു പുരാണത്തിലെ എന്താണോ സ്വർഗം എന്താണെന്നൊക്കെ പരാശരൻ വ്യക്തമായിട്ട് പറഞ്ഞു മനഃപ്രീതികര സ്വർഗ മനസ്സിന് പ്രീതി ഉണ്ടാവണത് സ്വർഗം വിപരീത വിപര്യോ നരക ഉച്ച മനസ്സിന് അപാരമായി ദുഃഖം ഉണ്ടാവുന്നത് തന്നെ നരകം നരകസ്വർഗസംജ്ഞേവ ഈ പാപപുണ്യെ ദ്വിജോത്തമ നരകവും സ്വർഗവും ഒക്കെ പാപവും പുണ്യവുമാണ് ഇതിനുള്ള പേരാണ് നരകം സ്വർഗം എന്നൊക്കെ ഇങ്ങനെ ഇതൊക്കെ വർണ്ണിച്ചു നക്ഷത്രങ്ങള് ഇന്ന രാശികളില് സഞ്ചരിക്കുന്നു എന്നൊക്കെ ജ്യോതിഷികൾക്ക് രസിക്കുന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞു എല്ലാം പറഞ്ഞിട്ട് നക്ഷത്രം എന്താണോ ഗ്രഹം എന്താണ് ജാതകം എന്താണ് ഭക്തന്മാർക്ക് ഒരു ജാതകമേ ഉള്ളൂ എന്നാണ് ഒരു നക്ഷത്രമേ ഉള്ളൂ ഒരു ലഗ്നമേ ഉള്ളൂ ഒരു രാശിയേ ഉള്ളൂ എല്ലാ നക്ഷത്രങ്ങളും ഒരു രാശിയിൽ തന്നെ നിൽക്കണത് കൃഷ്ണഗ്രഹഗൃഹീതാത്മാ അവിടെ ഒരു ഗ്രഹമേ ഉള്ളൂ അപ്പൊ വിഷ്ണു അവിടെ പരാശരൻ പറഞ്ഞു ജ്യോതിംഷി വിഷ്ണുഹു ഭുവനാനി വിഷ്ണു എല്ലാം വിഷ്ണു തന്നെ നക്ഷത്രങ്ങളും വിഷ്ണു നക്ഷത്രവും വിഷ്ണു രാശിയും വിഷ്ണു ചക്രവും വിഷ്ണു അതിന്റെ പന്ത്രണ്ട് വീടുകളും വിഷ്ണു ലഗ്നവും വിഷ്ണു രാശി എല്ലാം വിഷ്ണു എല്ലാം ഭഗവാൻ തന്നെ അതിൽ കൂടുതൽ ഒന്നുമില്ല ജലേ വിഷ്ണുഹു സ്ഥലേ വിഷ്ണുഹു വിഷ്ണുരാകാശമുച്ചതേ സ്ഥാവരം ജംഗമം വിഷ്ണുഹു സർവം വിഷ്ണു അയം ജഗത് അപ്പൊ ഭഗവാനെ അറിയാനാണ് ഇതൊക്കെ പിത്രയൊക്കെ വർണ്ണിച്ചിട്ട് പഞ്ചമസ്കന്ധത്തിലത്തെ ഈ നരകവർണ്ണനയൊക്കെ കഴിഞ്ഞ ആറാമത്തെ സ്കന്ധത്തില് പരീക്ഷിച്ച് ചോദിച്ചു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി ശുഭബ്രഹ്മ മഹർഷി പറഞ്ഞു രാജാവേ ഇവിടെ തന്നെ പ്രായശ്ചിത്തം ചെയ്യണം ചെയ്യുന്ന പാപത്തിനൊക്കെ ഇവിടെ തന്നെ പ്രായശ്ചിത്തം ചെയ്തിട്ടില്ലെങ്കില് രകാനുപൈതി ഈ നരകത്തിലൊക്കെ പോവേണ്ടി വരും ദൃഷ്ടശ്രുതാഭ്യാം യത് പാപം ജാനൻ നബി ആത്മനഹ അഹിതം പാപം ചെയ്യാൻ പാടില്ലാന്ന് ആർക്കാണ് ഇപ്പൊ ലോകത്തിൽ അറിയാത്തത് അല്ലെ എല്ലാവർക്കും അറിയാം പാപം ചെയ്യാൻ പാടില്ലാന്ന് അറിഞ്ഞുകൊണ്ടേ ചെയ്യണു അർജുനൻ ഗീതയില് ഭഗവാനോട് ചോദിച്ചു അനിച്ഛൻ നബി വാർഷ്ണേയാ ബലാതിവനിയോജിത ഇച്ഛയില്ലെങ്കിലും ബലമായി പിടിച്ച് തള്ളിയ പോലെ ചെയ്യണമല്ലോ എന്ത് ചെയ്യാൻ പറ്റും പലരും നന്നാവണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് റെസൊല്യൂഷൻ എടുക്കും എല്ലാ ജാനുവരി ഒന്നാം തീയതി രണ്ടാം തീയതി അതൊക്കെ ഉടയ്ക്കും ഒന്നാം തീയതി എടുക്ക രണ്ടാം തീയതി അതൊക്കെ തൽ കാരണം എന്താ പ്രായശ്ചിത്തം ചെയ്യണത് കൊണ്ട് പാപം ഇല്ലാതാവുക പരീക്ഷത്തിന്റെ ചോദ്യമാണ് പ്രായശ്ചിത്തം ചെയ്തത് കൊണ്ട് പാപമില്ലാതാവുക പ്രായശ്ചിത്തം ഉണ്ടോന്നുള്ളത് കൊണ്ട് തന്നെ ധൈര്യമായിട്ട് പാപം ചെയ്യും കുംഭസരിക്കുക അല്ലെ ഞായറാഴ്ച പോയി കുംഭസരിച്ചിട്ട് വന്ന് തിങ്കളാഴ്ച ആയാൽ ഫ്രഷായി ഇനി എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്നാണ് അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും അധികം അക്രമം കാണിക്കുന്നത് അവരാണ് ഇതൊന്നും ഉള്ളതുകൊണ്ട് തന്നെ ഇത് എന്തും ചെയ്യാം എന്നാണ് അപ്പോ പ്രായശ്ചിത്തം ഉള്ളതുകൊണ്ട് അത് രക്ഷപ്പെടണമോ പാപം ചെയ്യണില്ല എന്നില്ല പ്രായശ്ചിത്തം ഉള്ളതുകൊണ്ട് തന്നെ അത് ചെയ്യും കാരണം എന്താ ഇവന്റെ വാസനയാണ് ചെയ്യാൻ പാടില്ല എന്ന് അറിയാതെയല്ല അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യും ഒരു പൂച്ചക്ക് ഒരിക്കൽ ആഗ്രഹം വന്നു നന്നാവണം എന്നിട്ട് ആ പൂച്ച ഒരു സന്യാസിയുടെ ആശ്രമത്തിലാണ് സന്യാസിയുടെ ആശ്രമത്തിൽ ഇങ്ങനെ നടക്കണുണ്ട് അപ്പൊ പൂച്ച ചോദിച്ചു സ്വാമി എനിക്കും വല്ല ഉപദേശം തരണം സ്വാമി പറഞ്ഞു ആരെയും ഹിംസിക്കാൻ പാടില്ല പൂച്ച പറഞ്ഞു ശരി പക്ഷെ എലി അതാണല്ലോ മുഖ്യമായിട്ടുള്ള കുഴപ്പം ഇപ്പൊ എലിയെ തിന്നാൻ പാടില്ല ഇന്നുമുതൽ വെജിറ്റേറിയൻ പൂച്ച അപ്പോ വെജിറ്റേറിയൻ ആവാൻ എന്താ വഴി അപ്പൊ സ്വാമി പറഞ്ഞു കൊടുത്തു ഞാൻ എലിയെ ഭക്ഷിക്കില്ല എലിയെ ഭക്ഷിക്കില്ല എലിയെ ഭക്ഷിക്കില്ല എന്നൊരു മന്ത്രം ആഘും നാഹം ഭക്ഷയേ ആഘും നാഹം ഭക്ഷയേ ആഘും നാഹം ഭക്ഷയേ എന്തെങ്കിലുമൊക്കെ മന്ത്രം ഒരു മന്ത്രം എഴുതി കൊടുത്തു ഈ മന്ത്രം ജപിക്ക അടുത്ത മുറിയിൽ എനിക്ക് ജപം കേട്ടുകൊണ്ടേ ഇരിക്കണം രാവിലെ എണീറ്റാ പൂച്ച വൃത്തിയായിട്ട് തുടങ്ങും എലിയെ ഞാൻ ഭക്ഷിക്കില്ല എലിയെ ഞാൻ ഭക്ഷിക്കില്ല ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ഇങ്ങനെ മന്ത്രം ജപിക്കുമ്പോഴേ ഇടയ്ക്ക് കറു മുറു കേൾക്കണം ശബ്ദം വായിൽ എന്തോ ഇട്ടിട്ട് ജപിക്കണ പോലെ അവിടെ പോയി നോക്കുമ്പോ പൂച്ച വായി നിറച്ചിട്ട് ജപവും നടക്കണു പൂച്ചയോട് ചോദിച്ചു എന്താ വായിലെ ചോദിച്ചത് അതി കൂടെ എന്തോ ചാടിപ്പോയി എടുത്ത് വായിലിട്ടു നോക്കിയപ്പോ എലിയാണ് തന്നോടല്ലേ പറഞ്ഞ എലിയെ തിന്നാൻ പാടില്ല അത് എനിക്കറിയാം പക്ഷെ എന്റെ കൈക്ക് അറിഞ്ഞില്ല എന്റെ വായിക്കറിഞ്ഞില്ല വാസന ചാടി പിടിച്ചു ഇത്ര അറിഞ്ഞിട്ടും ഇത്ര പറഞ്ഞിട്ടും അറിയാതെ ചാടിക്കയറി എടുത്ത് വായിലിട്ടു എന്നാണ് അപ്പൊ വാസനക്ക് വഴങ്ങിക്കൊടുക്കുകയാണ് മനുഷ്യൻ വാസനാമയനാണവൻ അതുകൊണ്ട് എത്ര അറിഞ്ഞാലും എത്ര പറഞ്ഞാലും ചൊല്ലിക്കൊടുത്താലും തല്ലിക്കൊടുത്താലും തള്ളിക്കളഞ്ഞാതെ ശരിയാവില്ല വാസന അപ്പൊ പുറമേക്ക് പ്രായശിത്തം ആനയെ കുളിപ്പിക്കണ പോലെയാണോ കുഞ്ചര ശൗചപത്ത് എന്ന് പരീക്ഷത്തു പറഞ്ഞു ആനയെ കുളിപ്പിക്കണം പോലെ ആനയെ കുളിപ്പിച്ച് നിർത്തിയാൽ ആനക്കാലം കുളിച്ചിട്ട് കയറി കയറണതിന് മുമ്പ് തന്നെ ആന മണ്ണെടുത്ത് മണ്ടലിടും അതുപോലെ ഈ പ്രായശിത്തമൊക്കെ ചെയ്യണത് കൊണ്ട് പാപവാസനയൊന്നും പോണില്ല വാസന അതേപോലെ നിൽക്കണോ ഇയാള് പാപം ചെയ്യും പ്രായശിത്തം ചെയ്യും പാപം ചെയ്യും പ്രായശിത്തം ചെയ്യും പ്രായശിത്തം ചെയ്ത് വെക്കണവർക്ക് കുറച്ച് ദക്ഷിണമണങ്ങി കിട്ടുമായിരിക്കും അതാണ് പാകപ്പാട ഉള്ള പ്രയോജനം അപ്പോ ഈ പ്രായശിത്വം എന്തു പ്രയോജനം സമർത്ഥരാമദാസ് ശിവാജിയുടെ ശിവാജിയുടെ ഗുരുവാണ് സമർത്ഥരാമദാസ് മഹാരാഷ്ട്രത്തിലെ ചില ഭക്തന്മാരുടെ കഥയൊക്കെ പറഞ്ഞല്ലോ ഞാൻ തുക്കാറാം ഏകനാഥൻ നാമദേവിന്റെയൊക്കെ കഥ കുറച്ച് കുറച്ച് പറഞ്ഞു ഇവിടെ അവരിലൊക്കെ വെച്ച് വ്യത്യാസമാണ് ഈ സമർത്ഥരാമദാസന്റെ കഥ സമർത്ഥരാമദാസൻ ഇവരെ പോലെ കരയണ ഭക്തനല്ല കരയണ ഭക്തനാണെങ്കിൽ സമൂഹം കൂടുതൽ കരയിപ്പിക്കും സമർത്ഥരാമദാസനാണെങ്കിൽ കരയണ ഭക്തനല്ല കയ്യിൽ അമ്പും വില്ലും കൊണ്ട് നടക്കും ശിവാജി മഹാരാജാവിന്റെ ഗുരുവാണ് അതുകൊണ്ട് തന്നെ നാട്ടിലുള്ളവർക്ക് അസൂയുണ്ട് അസൂയുണ്ട് കുറ്റം പറയും രാജാവിന്റെ ഗുരുവാണല്ലോ അപ്പൊ സമർത്ഥരാമദാസനെ കുറ്റം പറയും സമർത്ഥരാമദാസൻ ഒന്നുകൂടെ വരെ കൊണ്ട് കുറ്റം പറയിക്കാൻ വേണ്ടി കയ്യിലൊരു അമ്പും വില്ലും എടുത്തുകൊണ്ട് പോണ വഴിയിലെ എന്തിനാ ബ്രാഹ്മണനായി ജനിച്ചിട്ട് രാമനാമം എപ്പം നോക്കിയാലും ശ്രീറാം ജയറാം ജയ ജയറാം എന്നിട്ട് കയ്യിൽ അമ്പും വില്ലും നാട്ടിനെ പറ്റിക്കാനായിട്ട് നടക്കുന്നു നാട്ടിലുള്ളവരെയൊക്കെ പറ്റിക്കാൻ നടക്കണം ഇങ്ങനെ വിശുദ്ധെന്ന് പറയും അദ്ദേഹം ഉണ്ടോ അത് കേട്ട പോലെയേ നടിക്കില്ല ആരെങ്കിലും ചോദിച്ചാൽ എന്തിനാ അമ്പ് വില വെച്ചാൽ രാജാവിന്റെ ഗുരുവല്ലേ ഞാൻ അപ്പൊ അതിന് ഗൗരവത്തോടെ നടക്കണം അങ്ങനെയാണത്ര അമ്പ് വില്ല കയ്യിൽ അമ്പും വില്ലും കൊണ്ട് നടക്കാം ഇനി നാട്ടുകാർ കൊറേ കഴിഞ്ഞപ്പോ ആ കുറ്റം പറയിലൊക്കെ തണുത്തു ആളുകളെ കൊണ്ട് കുറ്റം പറയിപ്പിക്കണം എന്നാലാണോ സുഖം അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം തുടങ്ങി പറക്കണ പക്ഷികളെയൊക്കെ അമ്പയ്യ ഓരോ പക്ഷിയായി അമ്പയറ്റി ചുവട്ടൽ വീഴും അപ്പൊ ബ്രാഹ്മണരൊക്കെ സഹിച്ചില്ലേ അവിടെ ഉള്ളവർക്ക് എല്ലാരും വന്നു ബ്രാഹ്മണകുലത്തിൽ ജനിച്ചവരാണ നീ ഇതാ പക്ഷികളെയൊക്കെ അടി അടിച്ചടിച്ച് വീഴ്ത്തണം അമ്പ് കൊണ്ട് അമ്പ ാണല്ലേ ഇത് എനിക്ക് മഹാപാപം ഇത് പാപാണോ എനിക്ക് അറിയില്ല എന്ന് ഇതുപോലും അറിയില്ലേ എന്നിട്ടാണ് ശിവാജിക്ക് ഗുരു എന്ന് പറയണത് വെറുതെ നാമം ജപിച്ചാണെന്ന് അതെയോ കുറച്ച് പാപമേതാണ് പുണ്യം ഏതാണ് പ്രായശ്ചിത്തം എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല ഒക്കെ ആദ്യമേ അറിഞ്ഞു വെക്കണം ഓ ഇത് പാപാണല്ലേ എനിക്ക് അറിയില്ല ഞാൻ പ്രായശ്ചിത്തം ചെയ്തോളാം എന്താ പ്രായശ്ചിത്തം പറയൂ വരൂ വിളിച്ചോണ്ട് പോവാം ഞങ്ങൾ ചെയ്തു വെക്കാം വിളിച്ചോണ്ട് പോയി ഗോദാവരി നദിയിൽ പോയിട്ട് ഏതോ പക്ഷി കൊന്ന പാപം പോവാനായിട്ട് ഗോദാവരി സ്നാനമഹങ്കശിയെ ഒരു സങ്കല്പമൊക്കെ ജയിപ്പിച്ചു എന്തെങ്കിലുമൊക്കെ സങ്കല്പം നമ്മളിവിടെയൊക്കെ ഈ പിണ്ടടാൻ പോകൂലേ ആരെങ്കിലും ഒരാൾ വരും ഇന്ന ആളൊന്നൊന്നുമില്ല എന്തെങ്കിലും വായി തോന്നിയ സങ്കല്പം പറയും സാധാരണ പറയാൻ എന്തെങ്കിലുമൊക്കെ സങ്കല്പം അത് സംസ്കൃതമായിരിക്കില്ല അതൊന്നും അതേപോലെ എന്തോ ഒരു സങ്കല്പം പറഞ്ഞു പക്ഷിയെ കൊന്ന പാപം പോവാനായിട്ട് ഇതാ ദക്ഷിണ ആര് തരും ദക്ഷിണ രാജാവ് തരും രാജാവിന്റെ അടുത്ത് ഞാൻ പറയാം ശിവാജി തരും സ്വർണം കൊണ്ടുണ്ടാക്കിയ പക്ഷി കൊടുക്കണം പാപം പോവാനായിട്ട് ദാനം അത് രാജാവ് തരും ഏർപ്പാട് ചെയ്യാമെന്ന് സങ്കല്പം മാത്രം ചെയ്ത് വെച്ചാൽ മതി ഇത്ര അത്ര മുങ്ങണം മുങ്ങി കുളിച്ചു സങ്കല്പം ചെയ്ത് പ്രായശ്ചിത്തം പക്ഷിയെ കൊന്ന പാപം പോവാനായിട്ട് പാപമൊക്കെ കഴിഞ്ഞിട്ട് അല്ല ഈ പ്രായശ്യത്വം ഒക്കെ കഴിഞ്ഞിട്ട് സമർത്ഥരാമദാസൻ ഈ ചത്ത പക്ഷി എങ്ങനെയെ നോക്കി നോക്കണു എടുത്തു നോക്കണു അടുത്തുപോയി നോക്കണു അപ്പൊ പൊക്കി നോക്കണു ബ്രാഹ്മണരെ എന്താ നോക്കണമെന്ന് ചോദിച്ചു അല്ല ജീവിച്ചില്ലല്ലോ അതെങ്ങനെ ചത്തുപോയ പക്ഷി എങ്ങനെ ജീവിക്കു പോയി അല്ല നിങ്ങളിപ്പോ പ്രായശ്യത്വം പാപം പോയിന്ന് പറഞ്ഞു പക്ഷി ജീവിക്കണ്ടേ പാപമൊക്കെ പോയി പക്ഷിയൊന്നും ജീവിക്കില്ല എന്നാ പിന്നെ എനിക്ക് പ്രായ ചിത്രത്തിൽ വിശ്വാസം ഇല്ല പാപം പോയി എന്ന് വെച്ചാ പക്ഷി പറക്കണം ഏ പക്ഷിയൊന്നും പറക്കില്ലയാണ് പാപം പോയി പാപം ഇങ്ങനെ പോയി പിന്നെ ഞാൻ ഇങ്ങനെ വിശ്വസിക്കണം ഞാൻ വിശ്വസിക്കണമെങ്കിൽ പാപം പോയി പക്ഷി പിടപെടാന്ന് പറക്കണം അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ നീ പ്രായ ചിത്രത്തിൽ വിശ്വാസമില്ല അപ്പൊ ഒരു പറഞ്ഞു പിന്നെ വഴി വേറെ വഴിയൊന്നുമില്ല ഓ വേറെ വഴിയുണ്ട് ഞാൻ വേറെ വിധത്തിൽ പ്രായശ്ചിത്തം ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓരോ പക്ഷിയായി എടുത്ത് ശ്രീറാം ജയറാം ജയ ജയറാം ശ്രീറാം ജയറാം ജയ ജയറാം ഓരോന്നായി പടപെടാം എന്ന് പറഞ്ഞു പോയത് കളി സമർത്ഥ ലീലകൾ എന്നാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം അദ്ദേഹത്തിന്റെ കളി ഒരു അവധൂതന്റെ ജ്ഞാനിയുടെ കളി അത്രയേ ഉള്ളൂ വെറുതെ ഇവരെ ഇട്ട് പറ്റിക്കുക ഇവരുടെ അടുത്ത് ഇങ്ങനെ വല്ല ജാലവിദ്യ കാണിച്ചാലേ പറ്റുള്ളൂ ഈ സാധാരണ ജനങ്ങളുടെ അടുത്ത് ജാലവിദ്യ വല്ലതും കാണിച്ചാൽ അപ്പപ്പെടും അപ്പൊ നമസ്കരിക്കും അല്ലാതെ ജ്ഞാനം അറിവ് അതൊന്നും പോരാ അപ്പോ പ്രായശ്ചിത്തം പ്രായശ്ചിത്തം അതോ അപാർത്ഥം അന്യേ കുഞ്ചരശൗചവത് എന്ന് പറഞ്ഞു പരീക്ഷിത്ത് ആനയെ കൊളുപ്പിക്കണം പോലെ ശുഖാചാര്യർ പറഞ്ഞു അതേ പരീക്ഷിത്ത് പറഞ്ഞത് വാസ്തവം പ്രായശ്ചിത്തം കൊണ്ട് എന്തിനു പ്രായശ്ചിത്തം ധർമ്മശാസ്ത്രങ്ങളൊക്കെ വിധിച്ചിരിക്കണു എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒന്നും ഭഗവാന്റെ നാമത്തിലോ ഭഗവാനിലോ അത്രകൊണ്ടൊന്നും വിശ്വാസമില്ല അര കുറയാണ് വിശ്വാസം പകുതി വിശ്വാസം ഈ ഒന്നില് വിശ്വസിക്കണം അല്ലെങ്കിൽ ചോദ്യം ചെയ്യണം ഇത് രണ്ടുമില്ല പകുതി വിശ്വാസം ഈശ്വരൻ ഒരാൾ ഉണ്ടെങ്കിൽ എനിക്ക് ആത്മാവെന്നൊന്നും ഉണ്ടെങ്കിൽ രക്ഷിക്കാന്നൊന്നും ഉണ്ടെങ്കിൽ എന്നെ രക്ഷിക്കട്ടെ എന്നുള്ള മറ്റാണ് പ്രാർത്ഥന ഇങ്ങനെയാണെങ്കിൽ ഭഗവാൻ വിചാരിച്ചാലും പറ്റില്ല ഒന്നില് ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ രക്ഷ വിശ്വസിക്കുക പരകുറയാണെങ്കിൽ ശരിയാവില്ല അപ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് കർമ്മത്തിലാണ് വിശ്വാസം ഈശ്വരനിലല്ല കുറെ കർമ്മങ്ങൾ ചെയ്യണം അതിലാണ് വിശ്വാസം അപ്പൊ അവർക്ക് വേണ്ടിതാ ഈ കർമ്മങ്ങളൊക്കെ വിധിക്കണം പ്രായശിത്വം ആർക്കാണോ നാമത്തിൽ വിശ്വാസം ഇല്ലാത്തത് അവന് കർമ്മം കർമ്മം ചെയ്യട്ടെ കുറെ ചർമ്മം ചെയ്ത് ചിത്തശുദ്ധി ഉണ്ടായി നാമത്തിൽ ചിലപ്പോൾ വിശ്വാസം ഒന്നും വരാം ഭഗവാന്റെ അല്ലെങ്കിൽ നാമത്തിൽ എന്തുണ്ടെന്ന് ചോദിക്കും അല്ലെങ്കിൽ അവന് വേണ്ടിയിട്ട് നമ്മൾ യുക്തിയൊന്നും പറഞ്ഞിട്ട് കാര്യമേ ഇല്ല നാമം ജപിച്ചാ ഇവിടെ എവിടെയോ ഒരു നാടി തുറക്കും എന്തൊക്കെയോ റേസ് പുറത്തു വരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ വിഡിതം നാമത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിക്കണം ശ്രദ്ധ ഏർപ്പെടണം ആദ്യമേ ശ്രദ്ധ ഏർപ്പെടണം അവനോട് ആയിരം യുക്തി പറഞ്ഞോളൂ ഒരു പ്രയോജനവും ആയിരം യുക്തി കൊണ്ടും ഈ ശ്രദ്ധയെ ഉണർത്താൻ പറ്റില്ല ശ്രദ്ധ തപസ്സുകൊണ്ടേ ഉണരുള്ളൂ തപസ്സാ ശ്രദ്ധ ശ്രദ്ധയാ മേധ അങ്ങനെയാണ് ഉപനിഷത്ത് പടി പടിയായിട്ട് പറഞ്ഞത് തപസ്സുകൊണ്ട് ശ്രദ്ധ ഉണരും ശ്രദ്ധ കൊണ്ട് മേധാശക്തി ഉണരും മേധാശക്തി കൊണ്ട് ആത്മാവിനെ അറിയാനുള്ള കെൽപ്പ് വരും അപ്പോ ആദ്യം ശ്രദ്ധയുണരണം ശ്രദ്ധയുണരാൻ യുക്തി ഒരുവിധത്തിന് സഹായിക്കില്ല യുക്തി വേണമെങ്കിൽ നമ്മൾ തൽക്കാലത്തേക്ക് ബുദ്ധിയെ ഒന്ന് അടക്കി അത്രയേ ഉള്ളൂ അപ്പോ അതിൽ വിശ്വാസം ഇല്ലാത്ത ആൾക്ക് എന്തുവേണം കർമ്മം ചെയ്യാ പ്രായശ്ചിത്തം ചെയ്യുക അയാൾക്ക് പ്രായശ്ചിത്തത്തിലാണ് വിശ്വാസം ഇത്ര പ്രാവശ്യം അർഗ്യം കൊടുക്കണം ഇത്ര ദാനം കൊടുക്കണം ഇന്നന്നെ കർമ്മങ്ങൾ ചെയ്യണം അങ്ങട് തിരിയണം ഇങ്ങോട്ട് തിരിയണം അങ്ങോട്ട് തിരിയണം ഇങ്ങോട്ട് തിരിയണം കുറെ മുദ്രകൾ കാണിക്കണം ഒക്കെ പറഞ്ഞാൽ അതൊക്കെ ചെയ്യും എന്തിനാന്ന് വെച്ചാൽ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല ഇത്ര വട്ടത്തിൽ ഇങ്ങനെ ഇങ്ങനെ വട്ടത്തിൽ വരണം ഇങ്ങനെ വട്ടത്തിൽ വരണം ഇങ്ങനെ വട്ടത്തിൽ വരണം ഇതൊക്കെ പറയുമ്പോ എന്തോ ഉണ്ട് എളുപ്പത്തിൽ നാമം ജപിച്ചോളൂ അതിലെന്തുണ്ട് വെറുതെ നാരായണാന്ന് എന്ത് കാര്യം രാമ രാമ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും ആദ്യമേ ചോദ്യം എന്ത് കിട്ടും അപ്പൊ എന്ത് കിട്ടും എന്ന് പറയുന്ന ആൾക്ക് കർമ്മമേ ഉപദേശിക്കാൻ പാടുള്ളൂ എത്ര കാലം ഈ ജീവൻ എന്ത് കിട്ടും എന്ന് ചോദിക്കോ അത്ര കാലം കർമ്മം ഉപദേശിക്കുക കർമ്മം ചെയ്യുമോളും കിട്ടിക്കൊണ്ടേയിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നതോളും ഇയാൾ ചുറ്റിക്കൊണ്ടേയിരിക്കും നാമം ജയിപ്പിക്കുമ്പോൾ എന്ത് കിട്ടും നാമം ജപിക്കുംതോറും കിട്ടണതൊക്കെ നിക്കും ഉള്ളത് പോകുകയും ചെയ്യും അപ്പൊ ഈ ചുറ്റല് നിക്കും അവസാനിക്കും കിട്ടണത് നിക്കുന്നുവച്ചാ എന്റെ പ്രാരബ്ധം ഇനിമേലെ കൂടില്ല ഉള്ള വാസനകളിൽ ക്ഷയിച്ചു പോകും അപ്പൊ മനസ്സ് സമാധാനമായി അടങ്ങും ശാന്തി ഉണ്ടാവും ഈ ചക്രം നിക്കും ഈ കിട്ടിക്കിട്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചുറ്റണതേ അതാണ് സാധാരണ പറയാറുണ്ട് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് ഈ കയറുമ്പോൾ കല്യാണം കഴിക്കുമ്പോ താലി കെട്ടുമ്പോ ഈ കൊട്ടണവ കുറെ വേണ്ടല്ലോ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും അതാണ് ഇപ്പൊ കിട്ടും ഇനി മേലാ കിട്ടും ഇനി മേലാൽ കിട്ടിത്തുടങ്ങും ഇനി ബന്ധമാണ് ഇനി ബന്ധത്തിന് ബന്ധം ഇങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റി ചുറ്റി ചക്രം നാമസങ്കീർത്തനമാകുമ്പോ ഒന്നും കിട്ടാനില്ല അവിടെ കിട്ടാനേ നാമം ജപിക്കും തോറും ഒന്നും കിട്ടാൻ വേണ്ടിട്ടില്ല ഉള്ളത് നഷ്ടപ്പെടാൻ വേണ്ടിട്ടാണ് നാമജപം എന്ത് നഷ്ടപ്പെടാൻ വാസന നഷ്ടപ്പെടാൻ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നഷ്ടപ്പെടാൻ കിട്ടണം ആശയും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നാമവും അവിടുന്ന് പോയാൽ ഉള്ളത് ആത്മാ കിട്ടിക്കിട്ടിട്ടാണ് ഈ ജന്മജന്മങ്ങളായി വലഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി എന്ത് കിട്ടാനാ പരിപൂർണ വസ്തു ഉള്ളിലുണ്ട് കിട്ടണതൊക്കെ പോകും വരണതൊക്കെ പോകും പോക്കും വരവുമില്ലാത്ത വസ്തു ആത്മാ പരിപൂർണ ചിദാനന്ദമയമായ വസ്തു എപ്പോഴും കിട്ടിയതായിട്ടുണ്ട് ഇനി കിട്ടാനൊന്നുമില്ല അതല്ലാതെ വേറെ എന്ത് കിട്ടിയാലും അപാരമായ ദുഃഖമാണ് ഫലം അപ്പൊ ഇത് അറിയാതെ ജീവൻ പിന്നീം കർമ്മത്തിലേ വിശ്വാസം വെച്ചു കൊണ്ടിരിക്കണോ അപ്പോ ഈ കർമ്മമണ്ഡലത്തിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റി തിരി പരശുരാമന് അമ്മയെ കൊന്ന പാപം ആ പാപബുദ്ധി മനസ്സെന്ന് പോകണേയില്ല അപ്പോ ദാരുവനത്തില് ഋഷികളോട് ചെന്ന് ചോദിച്ചു എനിക്ക് ഈ പാപവാസന പോണില്ല ഋഷികൾക്ക് അറിയാം പരശുരാമനെ വാസ്തവത്തിൽ ഈ പാപൊന്നും ബാധിച്ചിട്ടില്ല എല്ലാവിധത്തിലും ഒന്നും അച്ഛന്റെ വാക്കിനെ പരിപാലിച്ചു കർത്തൃത്വമില്ലാതെ ചെയ്യണ്ട പക്ഷെ അതില് എവിടുന്നോ ഒരു അജ്ഞാനം കയറി വന്നു താൻ ചെയ്തു അമ്മ വീണ്ടും ജീവിച്ചു കഴിഞ്ഞു എന്നിട്ടും ആ ദുഃഖം കയ്യെ ചോര വരണ്ട കയ്യായിട്ട് തോന്നുന്നു പരശുരാം അപ്പൊ ഋഷികൾ പറഞ്ഞു ഇപ്പൊ ഞാനോ ഉപദേശിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഒരു വർഷക്കാലം കർമ്മം ചെയ്യാൻ പറഞ്ഞു യാഗം ഇഷ്ടികകളോടുകൂടെ യജ്ഞം ചെയ്യാൻ പറഞ്ഞു ദിവസവും പുതിയ പുതിയ മന്ത്രം പഠിക്കണം ദിവസവും പുതിയ പുതിയ ദ്രവ്യങ്ങൾ കൊണ്ട് ഹോമിക്കണം ദിവസവും പുതിയ പുഷ്പങ്ങൾ കൊണ്ട് വരണം ദിവസവും പുതിയ രീതിയിൽ ഇഷ്ടികകൾ വയ്ക്കണം ഇങ്ങനെ ഒരു വർഷക്കാലം പരശുരാമൻ അതായത് ആലോചിച്ച് നോക്ക ഒരു മാസം കഴിയുമ്പോഴേക്കും പുതിയ പൂവിന് എവിടെ പോവും പുതിയ ദ്രവ്യം പുതിയ ഇഷ്ടിക പുതിയ മന്ത്രം ഒരു ആറു മാസം ഏഴു മാസം കഴിയുമ്പോഴേക്കും ചക്രശ്വാസം വലിച്ചു മതിയായി അവസാനമായി ഒരു വർഷം എങ്ങനെയോ വല്ലാതെ കഷ്ടപ്പെട്ടു തീർത്തു പരശുരാമനായതുകൊണ്ട് ശരി അത് കഴിഞ്ഞിട്ട് ഈ ഋഷികളുടെ പോയി ഒരു വർഷം കംപ്ലീറ്റ് ആയി ഋഷികൾ ചോദിച്ചു ഇപ്പൊ എന്തു തോന്നുന്നു ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു പരശുരാമൻ ഇപ്പൊ എന്ത് തോന്നു ഇപ്പൊ ഉണ്ടാതിരുന്നാ തോന്നുന്നു ഇനി അങ്ങനെയിരിക്ക എന്നിട്ട് ആത്മതത്വം ഉപദേശിച്ചു അത്രേ പരശുരാമൻ ആത്മസ്വരൂപത്തിനെ വർണ്ണിച്ചു കൊടുത്തു ആത്മ നിശ്ചി വിശുദ്ധം സ്പർശഹീനം സാക്ഷിമാത്രം ബോധവസ്തു അതൊന്നുകൊണ്ടും ബന്ധപ്പെടാത്ത പരിശുദ്ധ വസ്തു എന്ന് ബോധിപ്പിച്ചു കൊടുത്തു പരശുരാമൻ ചോദിച്ചു ഇതാദ്യമേ പറയാൻ പാടില്ലേ ഈ ഒരു വർഷം ഈ കഷ്ടപ്പെടുത്തിയിട്ടുവാണോ പറയാൻ അപ്പൊ അവർ പറഞ്ഞു ഇതിനു മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങ് കേൾക്കില്ല മനസ്സിൽ മുഴുവൻ ഞാൻ പാപം ചെയ്തു ഞാൻ പാപം ചെയ്തു ഞാൻ പാപം ചെയ്തു ഇതേ വിചാരം ഇപ്പോ ഈ ഒരു വർഷത്തിൽ ഈ പണിത്തിരക്കിന്റെ ഇടയിൽ ഈ വിഷമത്തിന്റെ ഇടയിൽ അതങ്ങട്ട് പോയി ഇത് അതിനേക്കാളും വലിയ വിഷമമായി തീർന്നു സാധനയെ അവസാനം ഒരു വേദനയായിട്ട് തീരെന്ന് പറയും അത് അവസാനം ബാക്കിയുള്ള വേദനയുമൊക്കെ നീക്കി കഞ്ചി പരമാചാരി അതിന് നല്ലൊരു ഉദാഹരണം പറയും ഒരാൾ വിറക് കെട്ടി വിറക് കൊണ്ടുവരുമ്പോ നല്ല വെണ്ണം മുറുക്കി കെട്ടി വീട്ടിൽ വന്നിട്ട് അഴിക്കാൻ പറ്റുന്നില്ല എന്താന്ന് വെച്ചാൽ അത്ര മുറുക്കി ഞങ്ങൾ കെട്ടിക്കഴിഞ്ഞു അപ്പൊ എത്ര ശ്രമിച്ചിട്ടും ചോറ് വെക്കണമെങ്കിൽ അത് അഴിക്കണം അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ വേറെ ഒരാൾ ആ വഴിക്ക് വരണു അയാൾ പറഞ്ഞു ഞാൻ അഴിച്ചു തരാം എന്നിട്ട് വേറെ കൊണ്ടുവന്നിട്ട് ഈ കെട്ടിയ കെട്ടിന്റെ വശത്തായിട്ട് തന്നെ ഒന്നുകൂടെ മുറുക്കിയിട്ടൊന്ന് വലിച്ചു ഈ ആദ്യത്തെ കെട്ടിനേക്കാളും ബലമായിട്ടൊന്നും മുറുക്കി വലിച്ചു വലിച്ചു പിടിച്ചപ്പോ ആദ്യത്തെ കെട്ട് ലൂസായി അതഴിച്ചെടുത്തു ഇതിനെ വിട്ടാൽ വരകെടുക്കാം അതുപോലെ ഈ സംസാര ബന്ധനത്തിന് വേറൊരു ബന്ധനം കൊണ്ടൊന്ന് കെട്ടി കർമ്മം അതായത് വിഹിത കർമ്മങ്ങൾ പ്രായശ്ചിത്വമോ വൈദിക കർമ്മങ്ങളോ കൊണ്ട് പക്ഷെ ആ കെട്ട് അഴിക്കാവുന്ന കെട്ടാണ് പക്ഷെ പ്രബലമായ കെട്ട് സാധാരണ കെട്ടിനേക്കാളും പ്രബലമായ കെട്ട് അപ്പൊ ഈ കെട്ടങ്ങോട് വിട്ടുപോകും ഈ കെട്ട് വിട്ടുപോയി അതിനെയും വിട്ടാൽ കെട്ട് ലൂസായി അപ്പൊ ആദ്യം കർമ്മത്തിൽ പെട്ട് കിടക്കുന്ന ജീവന് വേദം രാവിലെ മുതൽ രാത്രി വരെ അത് ചെയ്യൂ ഇത് ചെയ്യൂ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ വിധിക്കും വിധിച്ചു കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ എന്താവും ഇവന് ലൗകിക കർമ്മത്തിൽ ചെന്ന് പെടാനുള്ള വാസന പോയി കിട്ടും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ മനുഷ്യൻ എന്തിലെങ്കിലും ചെന്ന് ചാടും ആ ചാടുമ്പോ സ്വാർത്ഥതയോടെ ചെയ്യും അതിൽ കുടുങ്ങിപ്പോവും അപ്പൊ അതിന് രക്ഷപ്പെടാനാണ് വൈദിക കർമ്മങ്ങളും പ്രായശ്ചിത്തങ്ങളും ഒക്കെ വിധിക്കുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ ഈ കർമ്മവാസന പതുക്കെ കൊഴിഞ്ഞു പോവും അത് കഴിഞ്ഞാൽ ഇതും വിടും ഇതും വിട്ടാൽ ഇനി സ്വസ്ഥമായിട്ട് ഞാനവിചാരം ചെയ്യാം അപ്പോ അങ്ങനെയാണ് ഈ കർമ്മത്തിന് വിധിച്ചിട്ടുള്ളത് പക്ഷേ കർമ്മമൊന്നും വാസനകളെ ആത്യന്തികമായി ഇല്ലാതാക്കില്ല ഭഗവത്സേവ ഭഗവാനെ സ്മരിക്കുക സകൃത്മന കൃഷ്ണപദാരവിന്ദയോ നിവേശിതം തദ്ഗുണരാഗിയൈരിഹ നേയമം പാശഭൃതശ്ശതഭാൻ സ്വപ്നേ പി പശ്യന്തി ഹി ചീർണ നിഷ്കൃത ഒരു നിമിഷമെങ്കിലും പരമാത്മ സ്വരൂപം ഉള്ളിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ ഉള്ളിൽ സ്മരിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അവര് പിന്നെ യമഭടന്മാരെയോ യമനയോ സ്വപ്നത്തിൽ പോലും കാണില്ല അതിനുദാഹരണമായിട്ടാണ് ഈ അജാമിളോ വാഖ്യാനം കഥ പറയണത് അജാമിളൻ നല്ല സംസ്കാരമുള്ള കുടുംബത്തിൽ ജനിച്ച് വൈദിക കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു അജാമിളോ നാമ മഹീസുരപ്പുരാ ശരൻ വിഭോം ധർമ്മപഥാൻ ഗൃഹശ്രമീം ഗുരോർഗിരാ കാനനമിത്യദൃഷ്ടവൻ സുധൃഷ്ടശീലാം കുലടാം മദാകുലം അജാമിളൻ എന്ന പേരിനർത്ഥം അജ എന്ന് വെച്ചാൽ മായ മായയുമായിട്ട് മേളനം ഏർപ്പെട്ടവൻ അജാമിളൻ അജം എന്ന് വെച്ചാൽ ബ്രഹ്മം അജത്തിനോട് ചേരണം ഇവൻ അജ എന്ന് വെച്ചാൽ അമായയോട് ചേർന്നു അതുകൊണ്ട് അവന്റെ പേര് സുഖബ്രഹ്മ മഹർഷി യഥാർത്ഥ പേര് പറഞ്ഞില്ല ഇവൻ കാട്ടില് നല്ല ബ്രാഹ്മണനായി സംസ്കാരമുള്ള കുലത്തിലിരുന്നു എത്ര നല്ല കർമ്മങ്ങൾ ചെയ്യണാനാണെങ്കിലും ഉള്ളിൽ ദുർവാസന ഉണ്ടാവാം എത്ര ദുഷ്ടനാണെങ്കിലും ചിലപ്പോൾ ഉള്ളിൽ സദ്വാസന ഉണ്ടാവാം പുറമേക്ക് ദുഷ്ടകർമ്മമാണെങ്കിൽ പോലും ഉള്ളിൽ സദ്വാസന ഉണ്ടാവാം അല്ലെ പൊത്ത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഉള്ളില് മൂർഖം പാമ്പുണ്ടാവും അപ്പൊ അതുപോലെ എല്ലാ കർമ്മങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഉള്ളില് വാസന ദുർവാസന എവിടെയോ ഒളിഞ്ഞു കിടക്കണുണ്ടായിരുന്നു അപ്പൊ കാട്ടില് ഒരു ദിവസം ചമത പെറുക്കാനായിട്ട് പോയി ചമത എടുക്കാൻ പോയപ്പോ അവിടെ ഒരു കുലട്ടു ഒരു സ്ത്രീ ഒരു പുരുഷനുമായി രമിച്ചിരിക്കണത് കണ്ടു മധുര കുടിച്ച് രമിച്ചിരിക്കണത് കണ്ടതോടുകൂടി ഇയാളുടെ വാസന ഉള്ളിൽ കിടക്കണം ഉറങ്ങിക്കിടക്കണ വാസനകളൊക്കെ ഇളകി സാധാരണ പുറമേക്ക് പ്രശാന്തനാണ് സ്വത പ്രശാന്തോപി തദാഹൃതാശയാണാൻ വെളിക്ക് ഒരു പ്രശാന്തനാണെങ്കിൽ പോലും സ്വധർമ്മമുസൃ തന്റെ ധർമ്മം ഒക്കെ വിട്ടു എന്നിട്ട് അവളുടെ കൂടെ രമിച്ചു ഇതാണ് കാലദോഷം അല്ലാതെ എന്തു പറയാനോ വാസന വാസന വലിച്ചുകൊണ്ടുപോയി വാസന വലിച്ചുകൊണ്ടുപോയി അവളുടെ കൂടെ താമസിക്കാൻ തുടങ്ങി അങ്ങനെ കുറെ കാലം അവളുടെ കൂടെ അങ്ങനെ വസിച്ചു അവളിൽ ധാരാളം കുട്ടികളയാൾക്കുണ്ടായി തന്റെ കുടുംബവും തന്റെ ഭാര്യയും തന്റെ വർണ്ണാശ്രമധർമ്മങ്ങളും ഒക്കെ വിട്ടും അവളുടെ കൂടെ രമിച്ചു അങ്ങനെ അവസാന ഒരു കുട്ടിയും ഉണ്ടായി ഈ കഥ നമ്മളിവിടെ ഒന്ന് കേരളത്തിൽ പ്രചരിച്ച് കേട്ടിട്ടില്ല അഖണ്ഡാനന്ദ സ്വാമി ഒരു കഥ പറയുന്നു അപ്പൊ ഈ അവസാനത്തെ കുട്ടിക്ക് ഇവനെന്തുകൊണ്ട് നാരായണെന്ന് പേര് വെച്ചു എന്നാണ് ഇത്രയും ദുർവാസനയുള്ള ആൾക്ക് ഈ പേരെങ്ങനെ വെക്കാൻ തോന്നി നട്ടു കുട്ടു എന്നൊക്കെ വെക്കായിരുന്നുവല്ലോ എന്തൊക്കെയോ പേര് വെക്കണു ഒരർത്ഥവും വേണ്ട എന്തെങ്കിലുമൊക്കെ കൊടുക്കുടൂന്നൊരു പേര് ഒരർത്ഥവുമില്ലാത്ത പേരുകളൊക്കെ വെക്കണു അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കായിരുന്നല്ലോ അപ്പൊ എവിടെയോ ഒരു സാധു സംഗമം ഏർപ്പെട്ടിട്ടുണ്ട് പുരാമനാത്വ സ്മൃതിവാസനാബലാത്ത് പറഞ്ഞു ഇവിടെ ഭട്ടശ്രീ പക്ഷെ ഇവിടെ ഈ നാരായണ നാമം എങ്ങനെ വെച്ചു എന്ന് വെച്ചാല് അജാമിളൻ ആ ഗ്രാമം മുഴുവൻ കുപ്രസിദ്ധൻ അവിടെ ഉള്ളവർക്കൊക്കെ അറിയാം ആ വീട്ടിന്റെ മുൻവശത്തു കൂടെ സംസ്കാരമുള്ളവർ പോവില്ല കള്ളുകൂടിയും കക്കലും എല്ലാം തുടങ്ങി ഇവളുടെ കുലത്തിനെ പോറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളപ്പോ ആ ഗ്രാമത്തിൽ ഒരു ദിവസം ഒരു സാധു ഒരു സന്യാസി വന്നു സന്യാസികൾ വന്നാൽ എല്ലാ ഗ്രാമത്തിലും ഉണ്ടാകും കുറെ ചെറുപ്പക്കാര് സന്യാസികളെ മുഖ്യമായി കളിയാക്കാനായിട്ട് അല്ലെ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കുലത്തിലേ ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ളത് പറയാനുണ്ടോ അപ്പൊ ഏത് നാട്ടിലും എവിടെയോ ഉണ്ടാവും സന്യാസികളോ സാധുക്കളോ വന്നാൽ കളിയാക്കാനായിട്ട് പരിഹസിക്കാനായിട്ട് ആ ഒരു ടെൻഡൻസി എല്ലാവരുടെ ഉള്ളിലുണ്ട് ധാരാളം പേരങ്ങനെയുള്ളവരുണ്ട് അപ്പൊ ഈ സന്യാസി ആ ഗ്രാമത്തിൽ വന്നപ്പോ ഭിക്ഷയെടുക്കാനായിട്ട് ചോദിച്ചു നല്ല ധാർമ്മികനായവന്റെ വീട്ടിൽ പോയി ഭിക്ഷ എടുക്കണം അപ്പൊ ആ ഗ്രാമത്തിലുള്ള കുറെ ചെറുപ്പക്കാരവിടെ ഇരിക്കണു അത്താണിയിലിരിക്കണോ ചോദിച്ചു ഈ ഗ്രാമത്തിലെ നല്ല ധാർമ്മികനായ ഗൃഹസ്ഥൻ ആരുണ്ട് സ്വാമി ഞങ്ങളുടെ ഗ്രാമത്തിലെ ഏറ്റവും ധാർമ്മികൻ കാണാ അജാമിളൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവാം അങ്ങക്ക് വേണ്ടതെല്ലാം തരും എന്ന് പറഞ്ഞു അദ്ദേഹം അതും സത്യം എന്ന് കരുതി നാരായണ എന്ന് പറഞ്ഞ ആ വീട്ടിൽ പോയി എന്നിട്ട് ആ ഗൃഹത്തിൽ ഒരു പിച്ചക്കാരൻ പോലും ഇതുവരെ വന്നിട്ടില്ല അഭിമാനിയായ ഒരു പിച്ചക്കാരൻ പോലും ആ വീട്ടിൽ പോയി പിച്ച എടുക്കില്ല അങ്ങനെ ഉള്ളപ്പോ സന്യാസിയുടെ വിളി ആ വീട്ടിന്റെ ഉമർത്ത് ചെന്ന് നാരായണ ഹരി എന്ന് വിളിച്ചു ആ അജാമിളന്റെ ഭാര്യ കുലടാ അവൾ എങ്ങനെയുള്ളവളാണെങ്കിലും എത്ര നീചയാവുകയാണെങ്കിൽ എല്ലാവരുടെ ഉള്ളിലും മനസാക്ഷി കുത്തിക്കൊണ്ടേ ഇരിക്കുമല്ലോ ഞാൻ ഇങ്ങനെയായി പോയല്ലോ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ അതിനെങ്ങനെ െയ് ഇരുന്നാലും ഉള്ളില് മനസ്സിലിങ്ങനെ ഒരു കുത്തല് വിഷമിച്ചിരിക്കുമ്പോഴാണ് ആ വീട്ടിൽ നാരായണ ഹരിന്ന് ഒരു വിളി ആ നജാമിളൻ അവിടെ ഇല്ല ആ വീട് കണ്ടപ്പോ തന്നെ സ്വാമികൾക്കും മനസ്സിലായി ഓ ഇവിടെ മധുരയും മറ്റു വസ്തുക്കളും ഒക്കെ നിക്കണം മാംസവും ഒക്കെ കണ്ടു ആ അപ്പൊ ഇത് മനസ്സിലായി അപ്പൊ സ്വാമികൾ നിശ്ചയിച്ചു ഇത് ഈശ്വര നിശ്ചയം അല്ലെങ്കിൽ എന്തിനാ കുട്ടികളെ എന്നെ കളിയാക്കി ഇവിടെ കാണിച്ചു അല്ലെങ്കിൽ തന്നെ ബാക്കിയുള്ളവരുടെ വീട്ടിലൊക്കെ ഞങ്ങൾ എന്തിനു പോകണം അവരൊക്കെ സ്വയമേവ സദാചാര വൃത്തി കൊണ്ട് മേപ്പെട്ടു പോയിക്കോളും ഇങ്ങനെയുള്ളവരുടെ അടുത്തല്ലേ ഞങ്ങളുടെ ആവശ്യം അത് ഈശ്വര നിശ്ചയം നമ്മളായിട്ട് എന്തോ സങ്കല്പിച്ച് അങ്ങനെ ചെയ്യും ഭഗവത് നിശ്ചയം ഞാനിവിടെ വരണം ആ വീട്ടിൽ കയറി ആ അമ്മ വന്ന് നമസ്കരിച്ചു സ്വാമി നിങ്ങളറിയാതെ തെറ്റിപ്പോയി ഞങ്ങളുടെ വീട്ടിൽ വന്നതായിരിക്കും ഇവിടെ ആരും വരില്ല ഞങ്ങളുടെ വീട്ടിലേക്ക് ആരും വരില്ല സ്വാമി പറഞ്ഞു അല്ല അമ്മ അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നത് നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം അറിയാം വീട്ടിലകത്തുപോയിട്ട് ഒരു ചൊമ്പില് പാല് കൊണ്ടുവരൂ ഞാൻ കുടിക്കട്ടെ ആ പാല് കുടിച്ചാൽ അത് എത്ര പാപം ചെയ്ത പാലാവട്ടെ അത് ദഹിപ്പിക്കാനുള്ള ശക്തി അഹം വൈശ്വാനരോഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത ഞങ്ങളെപ്പോലെയുള്ളവർക്കും ഉണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ ഞങ്ങളിങ്ങനെ അലയാൻ വിട്ടിരിക്കുന്നത് പോയി ഉള്ളിൽ പോയി പാല് കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ ആ സ്വാമികൾ അവിടെ ഇരുന്നു ഈ അമ്മയ്ക്ക് ശരീരം മുഴുവൻ വരച്ചു അത്ര ഈ സ്ത്രീക്ക് ശരീരം മുഴുവൻ വരച്ചു ഉള്ളിൽ അങ്ങനെ ഒരു സന്തോഷവും തോന്നി സ്വാമിക്ക് പാല് കൊണ്ടുവന്ന് കൊടുത്ത് അപ്പൊ ജനിച്ചിട്ടുള്ള കുട്ടി കുട്ടിക്ക് പേര് വെച്ചിട്ടില്ല അജാമ്പിളം വന്ന എന്തെങ്കിലുമൊക്കെ പേര് വെക്കും ആ കുട്ടിയെടുത്ത് സ്വാമികളുടെ കാൽ ചുവട്ടിൽ വെച്ചിട്ട് പറഞ്ഞു അവിടുന്ന് ഒരു പേര് വെക്കണം അപ്പോ സ്വാമിക്ക് മനസ്സിലായി ഇതാണ് ഇവന് മുക്തിക്കുള്ള മാർഗം ഡയറക്റ്റായിട്ട് മന്ത്രദീക്ഷ കൊടുക്കാനോ നാമം ഉപദേശിക്കാനോ അർഹതയില്ല ഇവന് മുക്തിക്കുള്ളമാർക്ക് ഇതിലൂടെ ആ കുട്ടിയുടെ ശിരസിൽ കൈവച്ച് നാരായണൻ എന്ന് പേര് വെച്ചു ആ കുട്ടിക്ക് നാരായണൻ അവസാനത്തെ കുട്ടിക്ക് നാരായണൻ എന്ന് പേര് വെച്ച് ആശീർവദിച്ചിട്ട് സ്വാമികൾ ഇറങ്ങിപ്പോയി അയാളം തിരിച്ചു വന്നു ഇതാണ് ഈ കുട്ടിക്ക് നാരായണൻ പേര് വെച്ചു എന്ന് മനസ്സിലായി അങ്ങനെ ആ കുട്ടികളൊക്കെ വളർന്നു ഈ കുട്ടിയോട് പ്രത്യേക ഒരു ആകർഷണം എന്താ ഈശ്വരചേതന ഏതെങ്കിലുമൊക്കെ ഒരു വഴിക്കായിരിക്കും അനുഗ്രഹിക്കുക അപ്പൊ ഈ കുട്ടിയോടൊരാകർഷണം മുഖേന ഭഗവാന്റെ അടുത്തേക്ക് റോഡ് അങ്ങനെ വന്ന അജാമിളൻ അവസാന കാലം വരിക്കാൻ കിടക്കുമ്പോ ഇയാള് ചെയ്ത മഹാപാപകൃത്യങ്ങളൊക്കെ ചന്ദ്രൻ സൂര്യൻ അഗ്നി ജലം വായു ആകാശം രാവ് പകല് സന്ധ്യ മുതലായിട്ടുള്ള ദേവതകളൊക്കെ തന്നെ ഇവന്റെ പാപത്തിനെയൊക്കെ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അവരൊക്കെ തന്നെ യമഭടന്മാരെടുത്ത് ചാർജ് ഷീറ്റ് കൊടുത്തു ഇയാൾ ചെയ്തത് അതൊക്കെയാണ് യമഭടന്മാര് മുമ്പിൽ വന്ന് നിൽക്കണു നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ ആചാര്യസ്വാമികൾ വർണ്ണിക്കുന്നുണ്ട് വേണമെങ്കിൽ കേട്ടോള നമ്മൾ കണ്ടിട്ടില്ല യമഭടന്മാർ അതിഭീഷണഘട്ടുഭാഷണ യമകിങ്കലീ കൃത താടന പരിപീടന മരണാഗമ സമയേ ഉമയാസഹ മേതാസന ശിവശങ്കര ഹരമേ ഹരദുരിതം അതിഭീഷണ കടുഭാഷണ യമകിങ്കര പടലീന അതിഭീഷണന്മാരത കണ്ടാ പേടിക്കും അതുകൊണ്ടാണ് പലപ്പോഴും അവസാനം മരിക്കണ സമയത്ത് പേടിച്ചു വരച്ച് നിലവിളിക്കുന്നതും ഓക്കെ ചിലര് മലമൂത്ര വിസർജനം ചെയ്യും ഭയം നട്ടത് എന്തൊക്കെയോ ദർശനങ്ങൾ ഭയങ്കരമായ ദർശനങ്ങൾ അവർക്ക് ചെയ്ത കർമ്മങ്ങളൊക്കെ മുമ്പിൽ വന്ന് നിന്നാലേ മതിയല്ലോ ഇനി എന്തിനു യമദൂതനെ വേണ്ട അതേ മതി അതൊക്കെ മുമ്പിൽ വന്ന് നിൽക്കുന്നു അതിഭീഷണ ക യമകിങ് അത് കണ്ടതും അജാമിളൻ പേടിച്ചു വരച്ചു പുരാമന ത്വസ്മൃതിവാസനബലാത് ജുഹാബനായണ നാമകം സുതം പ്ലാവിതേന സ്വരേണുച്ചി ആജുഹാവ കുലേന്ദ്രിയ പ്ലവം പ്ലാവിതം പ്ലാവിതേന സ്വരേണ എന്താ പ്ലുതം നീട്ടി വിളിക്കാം നാരായണ എന്ന് നീട്ടി വിളിച്ചു ആജുഹാവ ആ കുലേന്ദ്രിയ പേടിച്ച് വരച്ചിട്ട് ഇന്ദ്രിയങ്ങളൊക്കെ കണ്ണൊക്കെ കാണാതായി ചെവി കേൾക്കാതായി പതൊക്കെ മനസ്സൊക്കെ ഉള്ളിലെത്ത് സൂക്ഷ്മ ശരീരത്തിൽ അടങ്ങണു ഇന്ദ്രിയങ്ങളൊക്കെ ആ സമയത്ത് പേടിച്ചു പറച്ച് തന്റെ മകനോടുള്ള പാശം മകനിൽ ആ അംശം ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു നാരായണോന്ന് വിളിച്ചു അങ്ങനെയുള്ളവന്റെ ആശയം മുഴുവൻ ദുർവാസനകളാണ് ആശയം എന്ന് വെച്ചാൽ സൂക്ഷ്മശരീരം സൂക്ഷ്മശരീരത്തിലും മുഴുവൻ ദുർവാസനകൾ നടന്നുകിടന്നിട്ടു പോലും ദുരാശയർഗീയ നമക്ഷരമാത്രവൈഭവാ പുരോഭി പേതുവീയ പഷദ ചതുർഭുജ പീതപടാ മനോരമാരാശയ ആശയം ദുരാശയം ആശയത്തില് ദുഷ്ടത ഉണ്ടെങ്കിലും ആസ്യത്തിൽ നല്ലത് വന്നു ആസയം എന്ന് വെച്ചാ വായ ആസ്യത്തില് വായ വന്നു നല്ലത് നാമം വന്നു ഭഗവാന്റെ നാമം വന്നു നാരായണന്ന് ഇവൻ വിളിച്ചു മകന്റെ പേരാണെങ്കിലും നാരായണന്നുള്ളത് മകന്റെ പേരല്ല നാരായണന്റെ പേര് അലൗകിക ശബ്ദം അലൗകിക ശബ്ദത്തിനെ നമ്മൾ വേറെ ആർക്കെങ്കിലും വെച്ചത് കൊണ്ട് അവന്റെ പേരാവില്ല അത് ആ അലൗകികമായ ശബ്ദം തന്നെയാണത് അതിന് വേറെ ഒരു അർത്ഥമില്ല അപ്പൊ നാരായണന്ന് മകന് പേര് വെച്ചു എന്നുള്ളത് കൊണ്ട് മകനാവില്ല ആ ശബ്ദത്തിന് ആ ശബ്ദത്തിന്റെ ശക്തി അപ്പൊ നാരായണ എന്ന് വിളിച്ചപ്പോ വിഷ്ണുപാർഷതന്മാരോ അന്ന് പോയി എവിടെ നാമസങ്കീർത്തനം നടക്കണോ അവിടെ തെരുവ് തെരുവ് കൂടെ നടന്നു പോകുന്ന സാധുക്കൾ കയറിപ്പോവും അത് ഏത് വീടാണെങ്കിലും ശരി നിങ്ങൾ വിളിച്ചാലും വിളിച്ചിട്ടില്ലെങ്കിലും കയറി എവിടെ നാമസങ്കീർത്തനം നടക്കണോ ഭജന നടക്കണോ അവിടെ തെരുവിൽ കൂടെ പോണ സാധുക്കൾ ആരാന്ന് വെച്ചാൽ കയറി ഇരുന്നു കളയും പിന്നെ മൂന്ന് നാല് ദിവസം ശാപ്പാട് കൊടുത്തിട്ട് പറഞ്ഞേക്കണം സാധുക്കളുടെ സ്വഭാവം അതാണ് വിളിച്ചാലും ചിലപ്പോൾ പോലെയാ വിളിച്ചിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും ഭഗവാനെ ആരെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അവിടേക്ക് കയറി കളയും അതുപോലെ വിഷ്ണുപാർഷന്മാരെ അവിടെ പ്രകാശിച്ചു പുരോ ഭിപേതു എങ്ങനെ വന്നു ചോദിക്കേണ്ട എങ്ങനെ വേണമെങ്കിലാവാം പുരാണങ്ങൾ ഏത് രീതിയിൽ ചിത്രീകരിക്കണമോ അത് പല എങ്ങനെ വന്നു എന്ന് നമുക്ക് അറിയാൻ വയ്യാം ചിലപ്പോ സാധുക്കളുടെ രൂപത്തിന് മുമ്പിൽ പ്രകാശിച്ചിട്ടുണ്ടാവാം ഇവിടെ ചതുർഭുജാഹ പീതഭട്ട മനോഹര മനോഹരഹ ചതുർഭുജന്മാരായി വിഷ്ണുവിനെ പോലെ തന്നെ പീതാംബരധാരികളായി പ്രകാശിച്ചു അങ്ങനെ അല്ലാതെയും വരാം അജാമിളന്മാരായിട്ടുള്ളവർക്ക് അവസാന കാലത്ത് ഒരുപക്ഷെ ഭഗവത് സ്മൃതി ഉണ്ടായാൽ സാധുക്കളുടെ ദർശനം ആരുടെയെങ്കിലും ഉണ്ടായാൽ മതി എല്ലാവരും തന്നെ അങ്ങനെ മുമ്പില് ഭഗവത് പാർഷദന്മാര് മുമ്പിൽ വന്ന് നിന്ന് യമഭടന്മാരെ നിവാരണം ചെയ്തു അവിടുന്ന് നീക്കി അവരോട് പറഞ്ഞു ഇവനെ എന്തിനാ കൊണ്ടുപോണത് ഇവനെ കൊണ്ടുപോവരുത് ഏ ഇവൻ ചെയ്ത പാപം മുഴുവൻ ന്യവേദയൻ പറഞ്ഞു ഇത്ര പാപം ചെയ്തിട്ടുണ്ടാ ഞങ്ങളുടെ കയ്യിൽ ലിസ്റ്റ് ധർമ്മപരിപാലനമാണ് ഞങ്ങളുടെ ജോലി അപ്പോ വിഷ്ണുപാർഷതന്മാര് പറഞ്ഞു പാപമൊക്കെ അവിടെ ഇരിക്കട്ടെ ഭവന്തുവന്തു പാപാനിക്കതം തുഷ്കൃത്തെ കൃതേ വിഭോദണ്ഡനമസ്തി പണ്ഡിതാ ും പുരുഷാവ മറ്റീ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ഇരുന്ന് പറയാ ഗുരുവായൂരപ്പ അവിടുത്തെ പുരുഷന്മാര് ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞത് വെച്ചാല് ഭവന്താപാനി കഥം തുനിഷ്കൃതേ കൃതേ പി നമസ്തി പണ്ഡിത നല്ല പണ്ഡിതന്മാരാണ് യമദൂതന്മാര് നല്ല യമൻ കോഴ്സ് കൊടുത്ത് പഠിപ്പിച്ചിട്ടാണ് യമപുരിയിൽ മാത്രം അരകുറകളെയൊന്നും കയറ്റിയിരുത്തില്ല നമ്മളുടെ ഗവൺമെന്റ് പോലെ അവിടെയൊക്കെ പഠിപ്പിച്ചിട്ടേ ഇരുത്തുള്ളു അവിടെ റിസർവേഷൻ ഒന്നുമില്ല അപ്പൊ യമഭുരിയിലുള്ളവര് നല്ലവണ്ണം പഠിച്ച് ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ വേദപ്രണീഹിതോ ധർമ്മ എന്ന് പറഞ്ഞിട്ട് ധർമ്മത്തിനെ കുറിച്ച് ലക്ഷറെ കൊടുത്തു അവര് വിഷ്ണുപാർഷന്മാർക്ക് അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ പണ്ഡിതന്മാർ നല്ലവണ്ണം അറിഞ്ഞിരിക്കണു ധർമ്മത്തിന്റെ തത്വം പുറമേക്ക് പക്ഷെ സൂക്ഷ്മ പരമദുജ്ഞേയ സതാം ധർമ്മ ധർമ്മം എന്നുള്ളത് വളരെ സൂക്ഷ്മമാണ് പുറമേക്ക് നോക്കിയാൽ മനസ്സിലാവില്ല ധർമ്മത്തിന്റെ ഒക്കെ ലക്ഷ്യം നാരായണനാണ് ഇവൻ നാരായണനെയേ വിളിച്ചിരിക്കുന്നു പിന്നെ എന്ത് ധർമ്മം ധർമ്മത്തിന്റെയൊക്കെ ലക്ഷ്യം ഭഗവാനാണ് ഭഗവാനെ ആദ്യമേ ഇവൻ വിളിച്ചാൽ പിന്നെ ധർമ്മം ഭഗവൻ നാമം ബാക്കിയുള്ള ധർമ്മമൊക്കെ ഇവൻ ആദ്യമേ അത് വിളിച്ചു അഭിജേതഭി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമ സർവം ജ്ഞാനപ്ലവേനൈവ വൃജിനം സന്ദരിശ്യ അഭിജേത് സു ദുരാചാരോ ഭജതേമാം അനന്യ ഭാക് എത്ര ദുരാചാരനാവട്ടെ ഇങ്ങനെയൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഭവൻതു പാപാനി കഥം തുഷ്കൃതേ കൃതേപ്പിപ്പം പ്രായശ്ചിത്തം എല്ലാ പാപത്തിനും ചെയ്തു കഴിഞ്ഞു എന്നിട്ടും ദണ്ഡനമുണ്ടോ അപ്പൊ നിഷ്കൃതി എന്താ ന നിഷ്കൃതി കിം വിദിതാഭവാദൃശ്യം അങ്ങേ പോലെയുള്ളവർക്ക് നിഷ്കൃതി പ്രായശ്ചിത്തം അറിയില്ലേ അവരിങ്ങനെ വിളിച്ചു നിൽക്കുകയാണ് അപ്പോഴാണ് പറഞ്ഞു ഇവൻ വിളിച്ചത് കേട്ടില്ലേ നിങ്ങൾ ശ്രുതിസ്മൃതിഭ്യം വിഹിതാവനന്തി പാപംനസം അനന്തസേവാതി പ്രഭോ തത് പുരുഷാഭാഷിനെ ശ്രുതിസ്മൃതിഭ്യാം വിഹിത വ്രതാദയാ വേദത്തില് ചില വ്രതങ്ങള് അനുഷ്ഠാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പാപം കളയാനായിട്ട് സ്മൃതികളിലും ഇന്ന വ്രതങ്ങൾ ചെയ്യണം ചാന്ദ്രായണം കൃത്വ ചാന്ദ്രായണം ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അനുഷ്ഠിച്ചാൽ പാപം പോകും പക്ഷേ ലുനന്തി വാസന പാപ ചെയ്യാൻ പാപം ചെയ്യാനുള്ള വാസന പോകില്ല വാസന പിന്നെയും ഉണ്ടാവും അപ്പോ അനന്തസേവ നേരെ മറിച്ച് ഭഗവത് ഭജനമാണെങ്കിലോ ഭക്തിയാണെങ്കിലോ ഭഗവാനെ ഭജിക്കുകയാണെങ്കിലോ ലുനന്തി വാസന പാപവും പോകും വാസനയും പോകും ചെയ്യാനുള്ള ടെൻഡൻസി തന്നെ ഇറ്റ് ബി റൂട്ടഡ് ഔട്ട് ഉള്ളിൽ നിന്ന് അത് തന്നെ വേരോടെ പിഴുത്തെടുത്ത് കളയും അനന്തസേവ ഭഗവത് ഭജനം എന്നുള്ളത് ഇത് താങ്കൾക്ക് അറിയില്ലേ നിങ്ങൾക്കിത് അറിയില്ലേ ഇതി പ്രഭോ ത്വത് പുരുഷാ ബഭാഷിരേ അനേന ഭോ ജന്മ സഹസ്രകോട്ടിഭി കൃത്തെ ശുഭാപേക്ഷി നിഷ്കൃതികൃത യദഗ്രഹീൻ നാമ ഭയാകുലോഹരെ ഇതി പ്രഭോ ത്വത് ഈ ജന്മത്തിൽ മാത്രമല്ല വരാൻ പോകുന്ന ജന്മജന്മ ജന്മങ്ങളിലേക്ക് വേണ്ടതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്തു എന്താന്ന് വെച്ചാ ഭയാകുലനായി പേടിച്ച അവരെയും ഇവരെയും വിളിക്കാതെ നാരായണോന്ന് വിളിച്ചില്ലേ പേടി തോന്നുമ്പോ ഭഗവാനെ വിളിക്കാൻ തോന്നിയല്ലോ ഏയ് ഭഗവാനെ വിളിച്ചില്ലല്ലോ മകനെയല്ലേ വിളിച്ചത് ഭഗവാനെയും വിളിച്ചില്ലല്ലോന്ന് അവൻ വിളി അറി മകൻ ഭഗവാനാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ നാരായണാന്ന് പറഞ്ഞില്ലേ മകനെ വിളിച്ചിട്ട് മകൻ വന്നോ മകനൊന്നും വന്നില്ല മകൻ എവിടെയോ കളിച്ചുകൊണ്ടിരിക്കണം അപ്പൊ അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും ശ്രദ്ധയോടെയാണെങ്കിൽ ശ്രദ്ധയോടെ അല്ലെങ്കിലും മനസ്സ് ചേർത്തിട്ടാണെങ്കിലും മനസ്സ് ചേർക്കാതെയാണെങ്കിലും എന്താ പറയണെന്ന് വെച്ചാല് നമ്മളുടെ ശ്രദ്ധ നമ്മളുടെ വിശ്വാസം നമ്മളുടെ ശക്തി ഇതിനെയൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് ഈ ജീവൻ മോക്ഷം നേടാൻ പോണതെങ്കിൽ പൊന്നും നടക്കില്ല പിന്നെ മോക്ഷത്തിന് എന്താ മാർഗം ഭഗവാന്റെ മഹിമ കാരുണ്യ കാരുണ്യം അത് അപാരകാരുണ്യമൂർത്തിയാണ് ഭഗവാൻ എങ്കിൽ ഈ ജീവൻ രക്ഷപ്പെടും ഏയ് നമ്മൾ ശ്രദ്ധയോടെ ജപിച്ചാലേ നാമത്തിന് ഫലമുള്ളൂ എങ്കിൽ നാമം എന്തിന് ശ്രദ്ധയെ നാമമൊന്നും വേണ്ട നമ്മൾക്ക് കോൺസെൻട്രേഷനും ഭക്തിയും ഉണ്ടെങ്കിൽ വേല പോകാമെങ്കിൽ നാമം ഒന്നും ആവശ്യമേ ഇല്ല എന്ത് നാമം നേരെ ആത്മാവിലേ ഇരിക്കാലോ അപ്പൊ ഇതൊന്നും പറ്റാത്തത് കൊണ്ടല്ലേ ഇതിന് വേണ്ടി വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെയും കോൺസെൻട്രേഷൻ വേണം ശ്രദ്ധ വേണം ഏകാഗ്രത വേണം എന്നൊന്നും പറഞ്ഞ ഒന്നും വേണ്ട മനസ്സലഞ്ഞോട്ടെ എവിടെ വേണമെങ്കിൽ അലഞ്ഞോട്ടെ രാമ രാമ കബീരിദാസ് ഒരു ദോഹയിൽ പറഞ്ഞു മനസ്സെങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കും ശരീരം ചക്രം ചുറ്റിക്കൊണ്ടേയിരിക്കും ജീബ് നാക്ക് ഇങ്ങനെ രാം രാം ആ രാമനാമം ശക്തിയോടെ ഉണ്ടായിരുന്നിട്ട് രക്ഷിക്കുകയാണെങ്കിൽ രക്ഷിക്കട്ടെ ഇല്ലെങ്കിൽ ഞാൻ നശിച്ചു പോവാം അതിന് അതാണ് വിശ്വാസം അതാണ് വിശ്വാസം വിശ്വാസം അവിടെയാണ് വിശ്വാസം എവിടെയാന്ന് വെച്ചാൽ മനസ്സലയട്ടെ ഉറക്കം വരട്ടെ ഭക്തി വരട്ടെ മനസ്സ് പല ചിത്രങ്ങൾ കൊണ്ടുവരട്ടെ എന്തൊക്കെ ആവട്ടെ നാമം രക്ഷിക്കുകയാണെങ്കിൽ രക്ഷിക്കട്ടെ ഇല്ലെങ്കിൽ ഞാൻ നശിച്ചു പോവാം എന്ന് നിശ്ചയിച്ചിട്ട് ജപിക്കാം അങ്ങനെ ജപിച്ചിട്ട് ഈ നാമം രക്ഷിക്കുകയാണെങ്കിൽ രക്ഷിക്കട്ടെ അപ്പൊ അതുകൊണ്ടാണ് താരകമന്ത്രം എന്ന് പറയണത് താരകം എന്ന് വെച്ചാൽ രക്ഷിക്കണത് അങ്ങനെയില്ലെങ്കിൽ പിന്നെ എന്തു പ്രയോജനം നൃണാം അബുദ്ധ്യാപി അറിയാതെയാണെങ്കിലും മുകുന്ദ ിതി പ്രോ ത്വരുഷാബാഷിരേ മരുന്ന് അറിഞ്ഞു കഴിച്ചാലേ ഫലിക്കുള്ളൂ എന്നുണ്ടോ അങ്ങനെ ഒരു മരുന്നുണ്ടോ പാരസെറ്റമോട്ടൽ ടാബ്ലറ്റ് അറിഞ്ഞു കഴിച്ചാലേ ഉള്ളൂ എന്നുണ്ടോ അറിഞ്ഞാലും അറിയാതെയും എത്ര സിന്ന് കഴിക്കണ്ടല്ലേ നമ്മള് അതിന സിന് ആ സിൻ ഈ സിൻ എല്ലാ സിന്നാണ് സിങ്ങു പോവാൻ ഇവിടെ ഒരു മരുന്ന് കഴിക്കണം നാമമാവുന്ന മരുന്ന് കഴിക്കണം നാമമാവുന്ന മരുന്ന് കഴിക്കണം ആ മരുന്ന് ഉള്ളിൽ അറിഞ്ഞു കഴിച്ചാലും അറിയാതെ കഴിച്ചാലും ഫലിക്കും എങ്ങനെ കഴിച്ചാലും അത് ഫലിക്കും യഥാ അഗ്നി ഹി ഏഥാംസി അഗ്നിയെ തൊട്ടാലും അറിയാതെ തൊട്ടാലും അഗ്നി ചുടും വിറക അറിഞ്ഞു വെച്ചാലും അറിയാതെ വെച്ചാലും വിറകരിയും അതുപോലെ നാമത്തിനെ അറിഞ്ഞു ജപിച്ചാലും അറിയാതെ ജപിച്ചാലും ഏകാഗ്രത ഉണ്ടായി ജപിച്ചാലും ഏകാഗ്രത ഇല്ലാതെ ജപിച്ചാലും ജപിക്കണം അത്രയുള്ളൂ അതിനുള്ള മനസ്സ് വരണം ഉള്ള നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് ഭഗവാന്റെ നാമം വിളിക്കാൻ തോന്നണമല്ലോ അല്ലെ അതിന് അതിനാണ് അനുഗ്രഹം അതിനാണ് ഭഗവാന്റെ അനുഗ്രഹം ഈ ജന്മം എത്ര ജന്മമായി എത്രയോ ജന്മങ്ങളായി ചുറ്റി ചുറ്റി ചുറ്റി തിരിഞ്ഞ ജീവൻ അവസാനം അരുണഗിരിനാഥസ്വാമികൾ ഒരിടത്ത് പാടി ഉള്ളം കൊണ്ട് മുരുകാ കുരാ എന്നും വിളിക്കണം എന്നാ ഹൃദയം കൊണ്ട് വിളിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം വായു കൊണ്ടെന്നല്ല ഓതു ഓതണം എന്നാ ഓതെന്നും ജപിക്കലും രണ്ടോന്നാ പറയണ അവര് ഓതാന്ന് വെച്ചാല് വായു കൊണ്ട് പറയാൻ പാടില്ല അങ്ങനെ വരും അത്രക്ക് ഭക്തി വരണമെങ്കിൽ ആദ്യം വായു കൊണ്ട് ചൊല്ലിയെങ്കിലും തുടങ്ങാം ഹൃദയം കൊണ്ട് നാമം ചൊല്ലാൻ ഹൃദയം കൊണ്ട് ഭഗവത് സ്മൃതി ഉണ്ടാവാൻ യോഗ്യതയില്ലാത്ത സ്ഥിതിക്ക് വായു കൊണ്ടെങ്കിലും നാമം ചൊല്ലട്ടെ അപ്പൊ അറിഞ്ഞും അറിയാതെ ശ്രദ്ധയുണ്ടെങ്കിലും ശ്രദ്ധയില്ലെങ്കിലും ഏകാഗ്രത ഉണ്ടെങ്കിലും ഏകാഗ്രത ഇല്ലെങ്കിലും നാമം ജപിച്ചാൽ അത് വാസനകളെ ഇല്ലാതാക്കി തീർക്കും മനസ്സിനെ ശുദ്ധമാക്കും അതിന് അജാമിളനെ ഉദാഹരണം ഇതാ ഞങ്ങൾ വന്നുവല്ലോമ്യാശ്രുതേ ഭരോഹിത ഭവത് സ്മൃതിം കഞ്ചനകാലമാചരൻ ഭവത് പദം പ്രാപി ഭത്ഭടൈരസൗ ഇതോടുകൂടെ അജാമിളൻ വരച്ചുപോയില്ല ദീക്ഷയാണ് ഇവിടെ അജാമിളന് ദുർവാസനകള് ഇയാളെ യമലോകത്തിലേക്ക് കൊണ്ടുപോവാൻ നിന്നപ്പോ എവിടെയോ ഏർപ്പെട്ട ഒരു സാധു സംഘം മുമ്പിൽ വന്നിട്ട് കരകയറ്റി അതിന്റെ ഫലമായിട്ട് ഇയാൾക്ക് തീവ്ര വൈരാഗ്യമുണ്ടായി അജാമിളൻ ഈ ദർശനം കിട്ടിയതോടുകൂടെ ക്ഷണസങ്കേന സാധുഷു ഇതി ജാത സുനിർവേദ ക്ഷണസങ്കേന സാധുഷു ഗംഗാദ്വാരമുപേയായ മുക്ത സർവാത്മബന്ധന സാധുക്കളുമായിട്ട് ഒരു സംഘം ഏർപ്പെട്ടപ്പോ തന്നെ ജാത സുനിർവേദ തീവ്ര വൈരാഗ്യം ഉണ്ടായിത്ര രാമളൻ ഹാ തന്റെ ജീവിതത്തിനോട് തന്നെ തോന്നി എന്ത് ജീവിതം മലഭാണ്ടമായ ശരീരത്തിന് മണ്ണിലിട്ട് അഴച്ചു കുറെ ജീവിത അതൊക്കെ കഴിഞ്ഞു ഇനിയൊക്കെ മതി ഇനി പോയി ഹരിദ്വാരത്തിൽ പോയി ഹരിഭജനം ചെയ്യാം എന്ന് പറഞ്ഞ് ഭഗത് സ്മൃതി കഞ്ചനകാലമാചരന് ഏകാന്തത്തിൽ പോയി തപസ് ചെയ്തു ഭഗവാനെ ധ്യാനിച്ചു എന്നിട്ടോ ഭവത് പദം പ്രാപി ഭവത്ഭടൈരസൗ പരമാത്മപദത്തിനെ പ്രാപിച്ചു ഭഗവാനെ പ്രാപിച്ചു അജാമളന് നേടാങ്കിൽ നമുക്ക് എന്താ തീരുമാനിക്കണം അത്രേ ഉള്ളൂ ഭഗവാൻ പറയണത് എത്ര ദുരാചാരിയാണെങ്കിലും ഭഗവാനെ പ്രാപിക്കണം എന്ന് തീരുമാനിച്ചാൽ വേഗം കൂട്ടിക്കൊണ്ട് പോകും എത്ര സദാചാരിയാണെങ്കിലും ഇപ്പൊ ഒന്നും അവസരമില്ല എന്ന് പറഞ്ഞിരുന്നേ ഇവിടെ ഭഗവാൻ കാരുണ്യമൂർത്തി നിങ്ങൾ കുറച്ചു കാലം കൂടെ ചുറ്റിത്തിരിയൂ എന്ന് പറയും നമുക്ക് എന്ത് വേണോ അതാണ് ഭഗവാൻ നമുക്ക് തരണത് ഭഗവാനെ വേണമെങ്കിൽ ഭഗവാനെ തരും പക്ഷേ അധികം പേർക്കും ഭഗവാനെ വേണ്ട അപ്പൊ കുറേ കാലം നമ്മൾ ചുറ്റിത്തിരിയും ഇങ്ങനെ അജാമിളന്റെ കഥ പറഞ്ഞു അടുത്തത് രക്ഷചരിതവും ചിത്രകേതുപാഖ്യാനവുമാണ്